ശരി ക്ഷിണമേധ്യം ഭൂതംഭവവിഷ്യതിർ ഓങ്കാരൃ കാം തദപ്യോകാര ജാഗരിത പ്രജ്ഞകോനവിശതിര പ്രഥമ പദ യു പഞ്ച കാമ കാമയ പഞ്ച സ്വപ്നം ഏകീഭൂത പ്രജ്ഞാനഘനയോ ആനന്ദമയൂഷ്യാനന്ദഭുക്ചേദോമുഖപ്രജ്ഞയപ ശ സർവീസ രൈ ശ സർവത്നേ ശന്ദരിയാമീ ശിവനേശരസ്യ പ്രഭാവയോ വിഭൂതനാ നന്ദോ തൃജ്ഞാ നമഹേ കൃത്ജ്ഞാം നം ഭേദ പ്രജ്ഞം ന പ്രജ്ഞാന ഗുണൈം പ്രജ്ഞാനോ പ്രശ്നം ദൃഷിം നീയോഹരി നിരാധേ അനക്ഷണമാചയുപദേശ്യമോത്മ പ്രതിസാരം പ്രപഞ്ചം ശിവം ശാന്തങ്ങേയ അധിമത്ത <Sessimus> ുക്കാരോ ദ്ധീയമാത്രേനസുന്ദരി സമാനശ്ചോദ സമ വി സുഹൃത്തൃതിയമാത്രീതിർമ്മിശ്ചോതിേദ മ്മിശതി ആത്മന ആത്മാനം വേദ ശാന്തി പ്രവർണത്തിൽ അറുപത്തി ഒന്നാമത്തെ കരിക യഥാസ്വപ്നെ ദയാഭാസം ചിത്തം ജനതി മായയാ യാസംചരം അത് മനസ്സഹസ്പന്ദനമാത്രമെന്ന പരമാർത്ഥതയിൽ കഴിഞ്ഞ കരികയിൽ പറഞ്ഞു എത്ര വർണ്ണാന വർത്തന്ത ശബ്ദത്തിന് ഇതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല വിവേകസ്തന്നുവെച്ചതേ അതുകൊണ്ട് തന്നെ മനസ്സിനും പ്രവർത്തിക്കാൻ കഴിയില്ല പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഉപദേശങ്ങൾ വ്യാഖ്യാനങ്ങൾ ഇതല്ല അതിൻ്റെയൊക്കെ സ്ഥാനം അതെന്തിനു വേണ്ടിയാണ് ചാര്യൻ ഉപദേശിക്കുന്നു മറ്റൊരാളതിനെ വ്യാഖ്യാനിക്കുന്നു അതെല്ലാം ഏത് തരത്തിലാണ് പ്രയോജനപ്പെടുന്നത് ഇതിനെങ്ങനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് പുനർവാഗ്ഗോചരത്വം എവിടെയാണ് ഈ വാക്കിൻ്റെ പ്രവൃത്തി സംഭവിക്കുന്നത് വാക്ക് പൂർണമായും നിഷ്പ്രയോജനമാണ് വാക്കിനേത് വിഷയമല്ലെങ്കിൽ വാക്കു പൂർണ്ണമായും നിഷ്പ്രയോജനമാവും നിഷ്പ്രയോജനമാണെങ്കിൽ അതിനെക്കുറിച്ച് വാക്കിലൂടെ ബോധിക്കുന്നതും ബോധിപ്പിക്കുന്നതുമെല്ലാം പ്രയോജനമില്ലാത്തതും മാറും ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതെങ്കിലും ഒന്നിലൂടെ ഒരുപായത്തിലൂടെ ഇത് പ്രാപിക്കാൻ സാധ്യമല്ലെങ്കിൽ നീ ഉപായങ്ങളെല്ലാം എന്തിനു വേണ്ടി എന്നാണ് പരമാർത്ഥതോ അദ്വയസാനമാസ തന്മനസഹ സ്പന്ദന മാത്രം ഇവിടെ ദ്വൈതമായി അനുഭവപ്പെടുന്നത് ആ പരമാർത്ഥമായിരിക്കുന്ന അദ്വീകമായിരിക്കുന്ന വിജ്ഞാനസ്വരൂപമായ മനസ്സിന്റെ സ്പന്ദനമാണ് എന്നുമ്പും വിശദമാക്കിയിട്ടുണ്ട് വാക്ക് കൊണ്ട് ഇതിനെ വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ വേദതരത്തിൽ പറഞ്ഞാൽ എന്താണ് വാക്കും അത് തന്നെ അതുകൊണ്ടാണ് വാക്കിനെ വെളിപ്പെടുത്താൻ കഴിയാത്തത് വാക്ക് വെളിപ്പെടുത്തുന്നു എന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ആത്മാശ്രയദോഷം വരും മനസ്സിനും അതിനെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയും മനസ്സുകൊണ്ട് ചിന്തിച്ച് മറ്റ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നതുപോലെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ട് മനസ്സും അത് തന്നെയാണ് വിജ്ഞാനം മാത്രം വിജ്ഞാനസ്വരൂപമാണ് വാക്കും അർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്നു മനസ്സും വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു വാക്കും മനസ്സും മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു വിഷയങ്ങളെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞെന്താണോ വിഷയങ്ങളെ കുറിച്ചുള്ള ബോധത്തെ കൊടുക്കുന്നു വിഷയങ്ങളെ കുറിച്ചുള്ള ബോധത്തെ ആർക്കുണ്ടാക്കുന്നു ആ ജീവൻ ജീവൻ എന്ന് പറയുന്നത് ബോധമാണ് ഇന്ദ്രിയങ്ങൾ പ്രകാശിപ്പിക്കുന്നതോ ഇന്ദ്രിയങ്ങൾ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം ആ വിഷയത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കുമ്പോൾ ആ ബോധത്തിൽ വിഷയങ്ങൾ പ്രകാശിക്കുന്നു എന്ന് പറയും അങ്ങനെ പ്രകാശിക്കുന്ന ആ ബോധവും വിഷയവും അതിവിടെ അദ്വൈമാണ് വിജ്ഞാനസ്വരൂവുമാണ് അപ്പൊ വിജ്ഞാനസ്വരൂപമായിരിക്കുന്ന അദ്വൈവമായിരിക്കുന്ന ആ മനസ്സിൻ്റെ ഒരു ഭാവമാണ് ബോധമായിരിക്കുക മറ്റൊരു ഭാവമാണ് വിഷയമായിട്ടിരിക്കുക അതുകൊണ്ടാണ് സ്പന്ദനം എന്ന് പറയുന്നത് സ്പന്ദിക്കുന്നു വാസ്തുവത്തിലത് ഏകരൂപമാണ് പക്ഷേ രണ്ടായി അനുഭവപ്പെടുന്നു ഒന്ന് ബോധമായും ഒന്ന് ബോധത്തിന്റെ വിഷയമായും ബോധത്തിന്റെ വിഷയമായിരിക്കുന്നതും ബോധത്തിൽ നിന്ന് വേറെയാണ് എന്താണെങ്കിൽ രണ്ടായി അനുഭവപ്പെടുന്നതുകൊണ്ട് അവിടെ എന്തോന്ന് സംഭവിക്കുന്നു അതിന് സ്പന്ദനം എന്ന് പറയുന്നു അപ്പോൾ എല്ലാ അറിവുകളും ആ സ്പന്ദന മാത്രമാണ് ഇവിടെ സ്പന്ദിക്കുന്ന എന്താണ് ബോധം തന്നെ അതിനുള്ള വിജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ വിജ്ഞാനം മാത്രം വിജ്ഞാനത്തിൽ നിന്ന് അന്യമായിട്ട് ശബ്ദമോ മറ്റു വിഷയങ്ങളോ ഒന്നുമില്ല ഇന്ദ്രിയങ്ങളോ മനസ്സോ ഇല്ല വിജ്ഞാനത്തിൽ നിന്ന് അന്യമായിട്ട് അതിനൊന്നിന് പ്രകാശിപ്പിക്കാനുമില്ല അതാണ് പരമാർത്ഥം അങ്ങനെയാണെങ്കിൽ വാക്കിനെങ്ങനെ തന്നെ പ്രകാശിപ്പിക്കാൻ പറ്റും വാക്കു അത് തന്നെ മനസ്സിനെങ്ങനെ പ്രകാശിപ്പിക്കാൻ കഴിയും മനസ്സും അത് തന്നെ അതുകൊണ്ടാണ് ദ ഗോചരം എന്ന് പറയുന്നത് ഇനി ഇത് ഗോചരമെന്നും പറയാം ദോഷം എന്ന് ഈ തത്വം വാഗ്ഗോചരമാണ് എന്നും പറയാം കാരണം ഈ ബോധത്തിലൂടെ പ്രകാശിക്കുന്നതല്ല എന്താണ് അതിൻ്റെ സ്പന്ദനമാണ് അതിന് നന്യമായിട്ടൊന്നുമില്ല അല്ല അതിൻ്റെ നല്ല സ്പന്ദനമാണെങ്കിൽ സർവത്തിലൂടെയും സദാസ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തുരിയുണ്ടിൽ ജാഗ്രത സ്വപ്നങ്ങളിൽ അത് തന്നെയാണ് നാനാരൂപത്തിൽ സ്മുരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലൂടെയും മറ്റേന്ദ്രിയങ്ങളിലൂടെയും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുര്യൻ തന്നെയാണ് അങ്ങനെ നാനാരൂപത്തിൽ പ്രകാശിക്കുമ്പോൾ അതിനെ മനസ്സ്പന്ദനം എന്ന് പറയുന്നു നാനാരൂപത്തിൽ പ്രകാശിക്കാതിരിക്കുമ്പോൾ അതിനെ പ്രാജ്ഞൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ തുര്യൻ എന്ന് പറയുന്നു അതുകൊണ്ടിവിടെ വാഗ്ഗോചരത്വം അതും പരമാർത്ഥമായിരിക്കുന്ന അദ്വീകമായിരിക്കുന്ന വിജ്ഞാനത്തിന് പറയാം വാഗ് അഗോചരത്വവും പറയാം അറുപതാമത്തെ കാര്യയിൽ മുഖ്യമായി പറഞ്ഞാൽ അതിന്റെ അഗോചരത്വത്തെക്കുറിച്ചാണ് വിജ്ഞാനത്തിൽ നിന്നും വ്യതിരിക്തമായി എന്തെങ്കിലും വിജ്ഞാനം ഗ്രഹിക്കുന്നു എന്ന് വന്നാൽ അത് അഗോചരമായി വിജ്ഞാനം തന്നെയാണ് സ്പന്ദിക്കുന്നത് സർവമായി എന്ന് പറഞ്ഞാൽ അത് ഗോചരമായി എന്ന് വെച്ചാൽ വിജ്ഞാനത്തിന് വിഷയ വിഷയമാകുമെന്ന് പറഞ്ഞാൽ എന്താണ് അത് വിജ്ഞാനത്തിൽ പ്രകാശിക്കുന്നത് വിജ്ഞാനത്തിൽ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാനരൂപത്തിൽ പ്രകാശിക്കുന്നു അറിവിൽ പ്രകാശിക്കുന്ന സർവവസ്തുക്കളും എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് നമ്മൾ സാധാരണ പറയും നാമരൂപങ്ങളായി അനുഭവപ്പെടുന്നു ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളായി അനുഭവപ്പെടുന്നു അത് നമ്മൾ രണ്ടു ദിവസം ചർച്ച ചെയ്തതാണ് ശബ്ദസ്പർശ രൂപങ്ങളായി അനുഭവപ്പെടുന്നത് അത് അതിനറിൽ നിന്ന് നോക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല രണ്ടാക്കി മാറ്റിവയ്ക്കാൻ കഴിയുന്നില്ല ഇത് അറിവാണ് ഇത് നാമമാണ് രൂപമാണ് അറിവ് തന്നെയാണ് നാമമായും രൂപമായും അനുഭവപ്പെടുന്നത് അറിവിൽ നിന്ന് വ്യതിരിക്തമായി നാമരൂപങ്ങൾ അനുഭവപ്പെടുന്നത് അറിവായിട്ട് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് അത് അറിവിൽ സ്ഫിരിക്കുന്ന പറയുന്നു അറിവിൽ പ്രകാശിക്കുന്നു എന്ന് പറയുന്നു അഗ്നിയുടെ വടിവ് അതിൻ്റെ ആകാരം അഗ്നി ഫലാകാരത്തിൽ പ്രകാശം അഗ്നിയുടെ അതിൻ്റെ നിറം അഗ്നിയുടെ ഉഷ്ണം ഇതെല്ലാം നമ്മൾ അഗ്നി കാണുന്നുണ്ട് നമ്മളെ അഗ്നിയിപ്പം മഞ്ഞ നിറത്തിൽ ജ്വലിക്കുന്നു അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ ജ്വലിക്കുന്നു അഗ്നി പിന്നെ ആകൃതിയിലാണ് പറയുന്നു അഗ്നിയിൽ ചൂട് ഇത്രയുണ്ട് കൂടുതലാണ് കുറവാണ് എന്ന് പറയും ഒരു അഗ്നിയിൽ തന്നെ നമ്മൾ പലതും കാണുന്നുണ്ട് അതുപോലെ ഒരു മനഃസ്പന്ദനത്തിൽ തന്നെ പലതും കാണുന്നുണ്ട് ശബ്ദസ്പർശരവും രസഗന്ധങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷെ അഗ്നിയിൽ കാണുന്ന ഒന്നിനെയും നമുക്ക് അഗ്നിയിൽ നിന്നും മാറ്റാൻ പറ്റുന്നുണ്ട് ഏതെങ്കിലും ഒന്നിനെ മാറ്റിയിട്ട് അഗ്നി അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുണ്ട് ഏതെങ്കിലും ഒരു ഗുണത്തെ അഗ്നിടെ വിട്ടിട്ടൊരു അഗ്നി അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ട് അതെല്ലാം അഗ്നി മാത്രമാണ് അതുപോലെയാണ് ഇവിടെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ വിജ്ഞാനത്തിൽ അനുഭവപ്പെടുന്നു അതിനെ നമുക്ക് വിജ്ഞാനത്തിൽ നിന്ന് വെറുതിരിക്കാൻ ഒക്കത്തില്ല ശബ്ദ വിജ്ഞാനത്തിൽ നിന്ന് ശബ്ദത്തെ വെറുതിരിക്കുക സാധ്യമല്ല കാരണം വേറൊരു ചിലത് ഇവിടെ നിൽക്കും വിജ്ഞാനത്തിൽ ചില നിൽക്കും വിജ്ഞാനത്തിൽ വിട്ടുപോകാൻ കഴിയത്തില്ല ശബ്ദത്തെ അറിയുന്നു അറിവില്ലെന്ന് ശബ്ദത്തെ മാറ്റുക മാറ്റുന്നതാരായിരിക്കും അറിവ് തന്നെ എവിടേക്കാണ് മാറ്റുന്നത് അത് അറിവിലേക്ക് അത് മാറാൻ വേറൊരു ഇടവില്ല അറിവല്ലാതെ പറയുന്നു വിജ്ഞാനമാത്ര ഓരോ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും എന്താണ് വിജ്ഞാനം മാത്രമാണ് വിജ്ഞാനം മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് ശബ്ദമായും രൂപമായും ഒക്കെ അനുഭവപ്പെടുന്നു അഗ്നി അത് ഏകമാണെങ്കിലും ഉഷ്ണമായും പ്രകാശമായും രൂപമായും വർണ്ണമായും ഒക്കെ അനുഭവപ്പെടുന്നു എന്തുകൊണ്ട് ഒന്നേ പറയാൻ പറ്റുന്നതാണ് അഗ്നിയുടെ സ്വഭാവം അത് അഗ്നിയുടെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റും ഏകമായിരിക്കുന്ന വസ്തു പലതും സർവപ്രപഞ്ച വസ്തുക്കളെ സംബന്ധിച്ചിരുന്ന അങ്ങനെയാണെങ്കിൽ ഈ വിജ്ഞാനത്തിന്റെ സ്വഭാവമാണ് എന്താ അത് ശബ്ദമായും സ്പർശമായും രൂപമായും രസമായും ഒരേ വിജ്ഞാനത്തിന്റെ സ്വഭാവമാണ് ആ വിജ്ഞാനത്തിന്റെ സ്വഭാവം അതിനുള്ള സ്പന്ദനം എന്ന് പറയുന്നു അതിനെയാണ് പറയുന്നത് അവിദ്യ മായ എന്ന് പറയുന്നു അത് നമുക്ക് വിവേചിച്ചറിയാൻ കഴിയത്തില്ല കഴിഞ്ഞ കായികനും പറഞ്ഞു അഗ്നി അഗ്നിയുടെ അഗ്നിയിൽ നിന്ന് വരുന്ന ഒരു വസ്തുവിന്റെ ഈ നാനാ സ്വഭാവങ്ങൾ നമുക്ക് അഗ്നിയിൽ നിന്ന് വിവേചിക്കാൻ സാധ്യമുണ്ട് അതെല്ലാം കൂടി ചേരുന്നതാണ് അഗ്നി എന്നേ പറയാൻ പറ്റും അതുപോലെ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം ഈ വിജ്ഞാനത്തിന്റെ ഭാവങ്ങൾ പരമാർത്ഥത്തിൽ ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നമുക്ക് പല ഭാവങ്ങൾ തോന്നുന്നു പക്ഷെ അത് അതിന്റെ ഏകത്വത്തെ വിടാതെയാണ് അഗ്നിയിൽ ഉഷ്ണവും വർണ്ണവുമെല്ലാം വെവ്വേറെയാണെന്ന് നമുക്ക് തോന്നുന്നു അവിടെയാണ് നമുക്ക് വന്നിരിക്കുന്ന അഗ്നിയിൽ വെവ്വേറെ ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു പക്ഷേ വെവ്വേരല്ല അത് അഗ്നി മാത്രമാണ് വിജ്ഞാനം മാത്രമാണ് വെവ്വേരാണെന്ന് നമുക്ക് തോന്നുന്നതാണ് അതെല്ലാം കൂടെ ചേരുന്നതാണ് അഗ്നി എല്ലാം കൂടെ ചേർന്നൊരഗ്നിയാകുന്നതല്ല ഒരഗ്നി നാനാരൂപത്തിൽ പ്രകടമാണ് അതുപോലെ ഒരു വിജ്ഞാനം നാനാരൂപത്തിൽ പ്രകടമാകുന്നു അത് വിജ്ഞാനം മാത്രമാണ് സ്പന്ദന മാത്രമാണ് എന്നാലും സ്പന്ദിക്കാതിരുന്നാലോ അത് കഴിയുന്നില്ല എന്തുകൊണ്ട് അതാണ് അവിടെ ആ വിദ്യ എന്ന് പറയുന്നത് വിദ്യാശക്തി കൊണ്ടത് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ എന്താ പിന്നെ പരമാർത്ഥത്തിലുള്ളത് അതിന്റെ ആ സ്വരൂപം വിജ്ഞാനം മാത്രം അല്ലെങ്കിൽ ആ വിജ്ഞപ്തി എന്ന് പറയുന്നത് ആ സ്വരൂപം അത് പരമാർത്ഥമാണ് അതിൽ സ്പന്ദനം കൊണ്ട് സംഭവിക്കുന്നത് സ്പന്ദനം കൊണ്ട് സംഭവിച്ചിട്ട് അതെല്ലാം വിജ്ഞാനത്തിൽ നിന്ന് വേറെയാണെന്ന് തോന്നുന്നു ആ ഭാവങ്ങൾ അത് ആ വിദ്യകം അത് പരമാർത്ഥമല്ല എന്ന പരമാർത്ഥത അതാണ് ജാഗ്രത സ്വപ്നം അങ്ങോട്ട് പറയുന്നത് യഥാസ്വപ്നെ ദുയാഭാസം സ്വപ്നത്തിൽ ദ്വൈത പ്രതീതി ഉണ്ടാകുന്നു വളരെ വ്യക്തമാണ് അവിടെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ശബ്ദസ്പർശരൂപരസഗ ഗന്ധങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും കൊണ്ടുവന്നു കഴിയുമ്പോൾ ജാഗ്രത ഉറപ്പുവരുന്നു അവിടെ വിജ്ഞാനം മാത്രം നമ്മൾ വിജ്ഞാനം മാത്രം എന്നല്ല പറയുന്നത് അവിടെ സ്വപ്നം കൊണ്ട ഞാനുണ്ടാകും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല സ്വപ്നം കൊണ്ട ഞാനെന്ന് പറയുന്നത് എന്താണോ അതാ ചൈതന്യം തന്നെ അതിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ അവിടെ ഞാനായി അവശേഷിച്ചിരുന്നത് ജരാ ജാഗ്രത എന്ന് പറയുന്ന ഈ അവസ്ഥ വിട്ട് സുഷുതി എന്നുള്ള അവസ്ഥയിലും എത്തിച്ചേരാതെ അവിടെ ഞാനായി എന്താണ് അവശേഷിച്ചത് അങ്ങനെ നമ്മൾ ചൈതന്യം വിജ്ഞാനം എന്നെല്ലാം പറഞ്ഞു അത് തന്നെയാണ് ദ്വയാഭാസമായത് ദ്വൈതപ്രതീതി നാനാ നാമരൂപങ്ങളായി പ്രതീതമായത് അത് തന്നെയാണ് അത് എന്തുകൊണ്ടങ്ങനെ മായയാ മായ എന്ന് പറഞ്ഞാൽ ഇത്ര അതിനടുത്തോളം എന്താണോ അത് കുടികിട്ടുന്നില്ല എന്നാണ് വിവേചനം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല സംഭവിച്ചു അവിടെ ഉണ്ടായിരുന്നതിന് എന്താ പറയുന്നത് ചിത്തം എന്ന് പറയും ചിത്തം ഇവിടെ ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതല്ല ഇതായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ അതായിരുന്നെ അതിന്റെ തുടർച്ചയാണ് ഇത് പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അവിടെ ധരിച്ചു ഉമ്മായ കൊണ്ട് അവിടെ ദ്വയാഭാസത്തെ ഉണ്ടാക്കി വിജ്ഞാനം എന്നുള്ള നിലയ്ക്ക് രണ്ടുമൊന്നല്ല പക്ഷെ രണ്ടൊന്നാണെങ്കിലും നമുക്ക് ഭേദം പറയേണ്ടി വരുന്ന എന്താണോ ഇത് ജാഗ്രത് അത് സ്വപ്നം രണ്ടിനി നമുക്ക് ജാഗ്രത എന്നോ രണ്ടിനി നമുക്ക് സ്വപ്നമെന്നോ പറയാൻ കഴിയുന്നില്ല ജാഗ്രതെന്നും സ്വപ്നമെന്നുള്ള ആ ഭേദം ആ ഭേദത്തിന് കാരണമായിരിക്കുന്ന ആ ചിത്തം അത് ചലിച്ചു ആ വിജ്ഞാനം ചലിച്ചു അത് സംഭവിച്ചു അവിടെ ആ വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് സ്വപ്നത്തിൽ മറ്റൊന്നുമില്ല കേവല വിജ്ഞാനം മാത്രം പക്ഷെ ഇതിനെ രണ്ടിനും വേർതിരിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ട് നമുക്കത് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ മായയെ മായ അത് അനുവചനീയമാണ് ജാഗ്രത എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നു സ്വപ്നം എന്തുകൊണ്ട് ആ രീതിയിൽ അനുഭവപ്പെട്ടു അതിനൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ തഥ അതുപോലെ തന്നെ ജാഗ്രത് ദ്വയാഭാസം ഇവിടെയും ഈ ജാഗ്രത് പ്രതീതി അവിടെയാണ് വരുന്നത് സ്വപ്നത്തെ നമുക്ക് ദ്വയാഭാസം പ്രതീതിയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം പക്ഷെ ജാഗ്രത എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല സ്വപ്നത്തെ ശരിക്കും ബോധിക്കാത്തത് സ്വപ്നത്തിന്റെ ദ്വൈതപ്രതി ഒരാൾക്ക് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ വിചാരം കൊണ്ട് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ജാഗ്രത സംഭവിക്കുന്നു എന്ന് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോ ഈ ഒരവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ ജാഗ്രത സ്വപ്നം പോലെയാണെന്ന് കരുതാൻ പ്രയാസമാണ് മണ്ണം ജാഗ്രത സ്വപ്നവുമായി പ്രകടമായ പല വ്യത്യാസങ്ങളും എടുത്തു കാണിക്കാണ് പക്ഷെ മനനം ചെയ്യുമ്പോൾ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇതൊരു സ്വപ്നമല്ല എന്ന് കരുതാൻ പ്രയാസമാണ് ഇതും തഥ അതുപോലെ തന്നെ ദയാഭാസം എന്നുള്ള നിലയ്ക്ക് ഒരു വ്യത്യാസം മ്മിൽ വ്യത്യാസം രണ്ടും ഒരേ ചിത്രത്തിന്റെ തന്നെ ധാരാനമാണ് എന്തെങ്കിലും അതിൽ വ്യത്യാസങ്ങൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മായക എന്ന് വെച്ചാൽ അത് നിർവചിക്കാൻ സാധ്യവുമല്ല നമ്മൾ ചിത്തം ചെലതി മായക ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെയും അവിടെയും ആ ദർശനത്തിന് വ്യത്യാസമില്ല അറിവിന് വ്യത്യാസമില്ല ഇവിടെ അവിടെയും ദൃശ്യത്തിന് വ്യത്യാസമില്ല അവിടെയും അനുഭവപ്പെടുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ തന്നെ സർവ വിഷയങ്ങളെ നമുക്ക് ഇതിൽ ഉൾപ്പെടെയും അനുഭവപ്പെടുന്നതാണ് ശബ്ദസ്പർശ രൂപരസന്ധങ്ങൾ തന്നെയാണ് എന്താ രണ്ടുമൊരു വ്യത്യാസം ഇത് സ്വപ്നമല്ല എന്നിങ്ങനെ പറയാൻ കഴിയും അതുകൊണ്ടാണ് ഉള്ള കഥ എന്ന് പറയുന്നത് രണ്ടും ഒന്നുപോലെ തന്നെ എന്നാണ് ഒന്നുപോലെ എന്ന് പറയുമ്പോൾ ദർശനം എന്നുള്ള നിലയ്ക്കും ദൃശ്യം എന്നുള്ള നിലയ്ക്കും ആ രീതിയിലാണ് പറയുന്നത് ആ രണ്ടു രൂപത്തിനും ഇത് രണ്ടും ഒന്നുപോലെ തന്നെയാണ് ഒരേ ചിത്രത്തിന്റെ ഭാനമാണ് സംഭവിക്കുന്നത് എന്ന് ഇതുവരെയുള്ള മന്നനത്തിന്റെ ഫലമായി പറയാണ് നിങ്ങൾ പെട്ടെന്നൊരാളിന്റെ അടുത്ത് സ്വപ്നമാണെന്നോ അല്ലെങ്കിൽ സ്വപ്നം പോലെയാണെന്നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയത്തില്ല പക്ഷെ ഇതുവരെയുള്ള ചിന്തയുടെ ഫലമായി അതിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവും രണ്ടും കേവലമായ വിജ്ഞപ്തി മാത്രമാണ് അതിന്റെ ഭാനം തന്നെയാണ് സർവ്വീ ജാഗ്രത ഉണർന്നിരുന്നുകൊണ്ട് ആ വിജ്ഞപ്തിയിലൂടെയാണ് എല്ലാത്തിനെയും അറിയുന്നതും ചിന്തിക്കുന്നതും സ്വപ്നത്തിനെയും സുഷക്തിയെയും എല്ലാം അതെല്ലാം ഒരേ ഒരു ജാഗ്രത സൃഷ്ടിയാണ് ഒരേ ഒരു ജാഗ്രത എന്ന് വെച്ചാൽ ഒരു വിജ്ഞപ്തി ഒരേ ഒരു ഉണർവ് അതിന്റെ ഭാനമാണ് അതല്ല മറ്റൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം സംശയം ചുയാഭാസം സംശയാഭാസം എന്തായാലും സ്വപ്നത്തിൽ ദ്വൈത പ്രതീതി ഉണ്ടായി അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇതിനെ സ്വപ്നമെന്ന് അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ അവിടെ എന്തായാലും സംഭവിച്ചത് ദ്വയാഭാസമാണ് പക്ഷെ അവിടെ അതിന്റെ അദ്വൈതയും മനസ്സിലാക്കാൻ എളുപ്പമോ ജാഗ്രതനേക്കാൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചും മുന്നണി ചെയ്യുമ്പോ ഈ ജാഗ്രതയിൽ നിന്ന് വിട്ടു നീക്കാൻ കഴിയുന്നില്ല ഇവിടെ ഒരിക്കലും പറയാൻ കഴിയുന്നില്ല ഞാൻ മാത്രമാണ് അല്ല ഇവിടെ ഞാനുണ്ടെങ്കിൽ നീയുമുണ്ട് അടുത്തു പറയും രണ്ടും സാപേക്ഷമായി നിലനിൽക്കും ഒരേ ചിത്രം തന്നെ രണ്ട് പിരിവായി നിന്നിട്ട് പരസ്പരം അപേക്ഷിക്കുന്നു അതുകൊണ്ടാണ് സ്വപ്നത്തെ കൊണ്ടുപോകുന്നത് സ്വപ്നത്തിൽ ഈ അദ്വൈതസ്ഥിതി സ്പഷ്ടമാണ് എന്തുകൊണ്ട് ആ സ്വപ്നത്തിൽ നിന്ന് വിട്ടു നയിക്കാൻ കഴിയുന്നുണ്ട് സ്വപ്നത്തിൽ നിന്നും വിട്ടുനിന്നിട്ട് സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും ജാഗ്രതനിന്ന് വിട്ടു നിന്നിട്ട് ജാഗ്രത കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴത്തെ ഒരു തകരാറാണ് നിങ്ങൾ സ്വപ്നത്തിൽ ജാഗ്രത കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞു നിന്ന് വരും കാര്യം പറയും സ്വപ്നത്തിൽ നിന്ന് വിട്ടു നീക്കുമ്പോൾ അവിടെ കേവലം ഞാൻ മാത്രമായിരുന്നു ഞാൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ സർവദ്വൈത പ്രതീതിയും നിഷേധിക്കുന്നു സർവദ്വൈത പ്രതീതിയും നിഷേധിച്ചിട്ട് ഞാനെന്ന് പറയുന്നത് എന്തിനെയാണ് ഈ ബോധത്തെത്തൻ ചൈതന്യത്തെ തന്നെ ഈ വിജ്ഞാനത്തെ തന്നെ ഞാൻ എന്നുള്ള ആ സ്ഫുരണം വിജ്ഞാനത്തിന്റെ തന്നെ പ്രകാശമാണ് അത് പറയാൻ കഴിഞ്ഞു അതുകൊണ്ടാണെന്ന് പറയുന്നു അദ്വയം ആ സ്വപ്നം അദ്വൈമായിരുന്നു പക്ഷെ അദ്വയമായിരുന്നിട്ടും പറയുന്നു എന്താണ് ദ്വയാഭാസം അവിടെ ദ്വൈതപ്രതീജ നാനാത്വപ്രതീജ ഉണ്ടായി ഏതാണ്ട് അവിടെ നാനാ അദ്വൈമായിരുന്ന ചിത്രം തന്നെ സ്വപ്നത്തിൽ എന്നാ സംശയം ഇക്കാര്യത്തിൽ ആർക്കെങ്ങനെ സംശയമുണ്ട് ദ്വൈതിക്കോ അദ്വൈതിക്കോ ആർക്ക് സംശയമുണ്ട് സ്വപ്നത്തിൽ താൻ മാത്രമായിരുന്നു കാര്യത്തിൽ ആനയും കുതിരയും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിവിടെ പറയുന്നു അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം അതിന് നിസ്സംശയമായി സമർത്ഥിക്കാവുന്ന സ്ഥാനമാണ് സുഷുപ്തിയോ സുഷുപ്തി അതുപോലെ ഉറപ്പുള്ള ഒരു സ്ഥാനമാണ് ഉറപ്പിക്കാന്നുള്ള പക്ഷേ സുഷ്ട പോരായ്മുണ്ട് എന്താണോ ഇവിടെ ജാഗ്രത സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് എന്താണോ ഈ ദ്വയാഭാസത്തിനും അദ്വൈതമാണെന്നാണ് അദ്വൈതം മാത്രമാണെന്ന് പറഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടില്ല ദുയാഭാസത്തിന് അദ്ദേഹം പറഞ്ഞു അതായത് ഈ ദ്വൈത പ്രതീതിയിലും അദ്വൈതമേ ഉള്ളൂന്നാണ് അത് പറയുമ്പോഴാണ് നമുക്കത് അതിനൊരു വൈരുദ്ധ്യം തോന്നുന്നു ആദ്യം പറയുന്നു ഈ ദ്വൈത പ്രതീതിയിലും നമ്മൾ എങ്ങനെയോ ആ ദ്വൈത പ്രതീതി അംഗീകരിക്കുന്നു എന്നിട്ട് പിന്നെ പറയുന്നു അത് അദ്വൈതമാണ് ഇതിൽ അനുഭവപ്പെടുന്ന ഈ വൈരുദ്ധ്യമാണ് അദ്വൈതത്തെ സ്വീകരിക്കാൻ തടസ്സമായിരിക്കുന്നത് സ്വപ്നത്തിനാണെങ്കിലോ അവിടെയും ദ്വൈത പക്ഷേ ആ ദ്വൈത പ്രതീതിയിലെ അദ്വൈതം അതവിടെ സ്വീകരിക്കുന്നതിനൊരു ഒരു പ്രയാസമുണ്ട് കാരണം ഇവിടെ ജാഗ്രതയിലിരുന്നുകൊണ്ട് ആ സ്വപ്നത്തിൻ്റെ ദ്വൈത വിട്ടിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കേവലമായ ഞാൻ മാത്രമാണ് ദ്വൈത പ്രതീതിയിൽ അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിനുള്ള ദൃഷ്ടാന്തം മാത്രമാണ് സ്വപ്നം ഇനി ദ്വൈതാഭാവത്തിൽ അദ്വൈതം തന്നെ എന്നുള്ളതിന് സമ്മർദ്ദിക്കുന്നതിനുള്ള ദൃഷ്ടാന്തമാണ് സുഷു അവിടെ ഒരു സംശയമില്ലല്ലോ സുഷൃത്തിനാരണ്ടായിരുന്നത് ഞാൻ മാത്രമാണ് അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലുള്ള ദ്വിധ പ്രതീതിയും ഉണ്ടായിരുന്നില്ല ജാഗ്രത് ഈ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജാഗ്രത് അനുഭവം എന്ന് പറയുന്ന എന്താണ് ഈ ജീയന്റെ തന്നെ പ്രകാശമാണ് ജാഗ്രത അനുഭവം എന്ന് പറയുന്നത് അപ്പൊ ഈ തുര്യൻ തന്നെ ഇതിനുവേണ്ടി ഈ അദ്വൈബോധത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ് ഈ സ്വപ്നവും സൃഷ്ടിക്കും ഇത് രണ്ടുമില്ലെങ്കിലും ഒരിക്കലും അദ്വൈബോധം ഉണ്ടാകത്തില്ല ആർക്കും ഉണ്ടാകത്തില്ല കാരണം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ മനനം ചെയ്യണമെങ്കിൽ മനനത്തിനോട് അതിനെ അറിയണമെങ്കിൽ ദൃഷ്ടാന്തം വേണം ഇവിടെ മനനത്തിന് വിധേയമാക്കുന്ന എന്താണ് സ്വസ്വരൂപത്തെ തന്നെ ആ സ്വസ്വരൂപത്തെ മനനത്തിന് വിധേയമാക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് സ്വസ്വരൂപത്തിന്റെ അദ്വൈഭാവം മറ്റൊന്നും സ്വാനുഭവത്തിൽ വരുന്ന ദ്വൈതഭാവം ഈ രണ്ടു കാര്യത്തിനും ദൃഷ്ടാന്തം വേണം അതിന് രണ്ടും മനസ്സിലാക്കുന്നതിന് ഈ രണ്ടു കാര്യങ്ങളും ജാഗ്രതയിൽ തന്നെ മനസ്സിലാക്കുകയും വേണം അത് സ്വസ്വരൂപത്തിന്റെ കേവലമായ അദ്വൈതഭാവം മനസ്സിലാക്കുന്നതിനുള്ള ദൃഷ്ടാന്തമാണ് സ്വശക്തി അതേ സ്വരൂപത്തിന്റെ തന്നെ ദ്വൈതഭാവത്തിലുള്ള അദ്വൈതഭാവം ദ്വൈതത്തിനും അദ്വൈതം തന്നെ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നം ഇത് രണ്ടും വന്നുകഴിഞ്ഞാൽ പിന്നെ അദ്വൈത ബോധത്തിന് ഇതിനപ്പുറം വരുന്ന രണ്ട് ദൃഷ്ടാന്തത്തിനും അപ്പുറം മറ്റൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞ എന്താണോ ഇത് മൂന്നും തുര്യന്റെ മൂന്ന് ഭാവങ്ങളാണ് പറഞ്ഞത് ഏകനായിരിക്കുന്ന തുര്യൻ സുഷുതനായും സ്വപ്നസ്ഥിതനായും ജാഗ്രതായും ഇരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതയിലിരുന്നു കൊണ്ട് ഒരാൾക്ക് ഇതിനെക്കുറിച്ച് മനനം ചെയ്യാൻ കഴിയുന്നത് കാരണം എന്തുകൊണ്ട് ജാഗ്രതയിലിരുന്നു കൊണ്ട് മനനം ചെയ്യുന്നതിനും മറ്റു രണ്ട് ദൃഷ്ടാന്തങ്ങൾ സ്പഷ്ടമായിട്ടുണ്ട് ഇതെല്ലാം എവിടെ ഈ വിജ്ഞാനത്തിൽ വിജ്ഞപ്തിയിലാണ് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളും നിലനിൽക്കുന്നു ജാഗ്രത്തിലെ വിജ്ഞപ്തി എവിടെ ചിന്തിക്കുന്നു ജാഗ്രത ജാഗ്രത്തിലിരുന്നു കൊണ്ടാണ് സ്വപ്ന വിജ്ഞാനത്തെക്കുറിച്ചും സൗഷിപ്ത വിജ്ഞാനത്തെക്കുറിച്ചും ചിന്തിക്കുന്നു ജാഗ്രതയിൽ നിന്നും കൊണ്ടാണ് അതിനാധാരമായിരിക്കുന്ന ജാഗ്ര വിജ്ഞാനമാണ് ജാഗ്രത സാധ്യമാകുന്നു സുഷിപ്തിയിൽ നമുക്ക് സാധ്യമാകുന്നില്ല സ്വപ്നത്തിൽ സാധ്യമായാലും ഇവിടെ ജാഗ്രത നിലനിൽക്കുന്നില്ല അത് കാണുന്നില്ല അത് മറിഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളിലൂടെ ആണ് അദ്വൈതത്തെ ബോധിക്കുന്നത് ഇവിടെ അദ്വൈതത്തിന്റെ ഈ പ്രക്രിയ അനുസരിച്ച് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധിക്കുന്നു മാത്രമല്ല ഈ രണ്ടനുഭവങ്ങൾ ഏത് സുഷൃപ്തിയും സ്വപ്നവും രണ്ടും ഇവിടെ അദ്വൈത ചിന്ത അനുസരിച്ച് ഇത് രണ്ടും കേവലം അദ്വൈത ബോധത്തിന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ ഈ രണ്ടവസ്ഥയ്ക്ക് വേറെ പ്രയോജനമൊന്നുമില്ല അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വേറെന്താ സാധിക്കാനാണ് ജാഗ്രതത്തിലെ ഈ അദ്വൈത ബോധത്തിന് ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുര്യൻ ഇങ്ങനെ മൂന്നായി പിരിഞ്ഞിരിക്കുന്നത് വിശ്വത്തയസ്ത പ്രാജ്ഞന്മാരായിരിക്കുന്നു ഒരേ ഒരു തിരിയു തന്നെ ജാഗ്രത്തിൽ അത് വെളിപ്പെടുന്നു അതിനുവേണ്ടിട്ടാണ് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് കരികയിൽ മാത്രമല്ല പുനുഷ്യത്തിനു ആദ്യം എന്താണ് ചെയ്ത് ജാഗ്രത സ്വപ്നം വിശ്വ തേയ്സ പ്രാഞ്ഞന്മാരെ കുറിച്ചാവാ അതുകൊണ്ടിവിടെ പറയുന്നു അദ്വയം സ്വപ്നത്തിൽ അദ്വയനായിരുന്നു എന്നാൽ അവിടെ ദ്വയാഭാസം ഉണ്ടായിരുന്നു അതിനൊരു വൈരുദ്ധ്യമില്ലല്ലോ അല്ലെങ്കിൽ അതിന് എന്തൊക്കെ വൈരുദ്ധ്യം ഉണ്ടായോ അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ഉണർന്നിരുന്നു പറയുന്നത് എന്താണ് അവിടെ ഞാൻ അദ്വൈനായിരുന്നു കേവല ബോധമായിരുന്നു തുര്യൻ തന്നെയായിരുന്നു അങ്ങനെയാണെങ്കിൽ അദ്വൈന്റെ ദ്വയാഭാസം ജാഗ്രത മനസ്സിലാക്കും ജാഗ്രത്തിൽ അതിന് വേറിട്ടും മറ്റൊന്നുമില്ല അതുകൊണ്ട് ഈ ജാഗ്രത്തിനെയും അതുപോലെ മനസ്സിലാക്കാം അതുപോലെ മനസ്സിലാക്കുന്നതന്നെയാണ് പറയുന്നത് ഇത് സ്വപ്നം പോലെയാണ് പക്ഷെ രണ്ടിടത്തും മനസ്സിലാക്കുന്ന ഒരേ തത്വമാകുമ്പോ എന്താണ് അദ്വൈന്റെ ദ്വയാഭാസം അത് തന്നെ ആവർത്തിക്കുന്നു അപ്പോ ഇത് അതുപോലെയും തന്നെ മനസ്സിലാക്കുന്നു സ്വപ്നം പോലെയും തന്നെ മനസ്സിലാക്കുന്നു ഇതത് തന്നെയാണ് അവിടെയും അദ്വൈമായിരുന്നു ദ്വയാഭാസമായിരുന്നു ഇവിടെയും അദ്വയമാണ് എന്ന് പറഞ്ഞാൽ ഇതും ആ സ്വപ്നം തന്നെ എന്ന് പറയും നമുക്ക് ബുദ്ധിമുട്ട് വരും ഇതും ആ സ്വപ്നം തന്നെ എന്ന് പറയും അങ്ങനെ സ്വപ്നമാകുന്നു എന്താ ഈ സ്വപ്നം എന്ന് പറയുന്നത് ഒരേ വിജ്ഞപ്തി അതല്ല വേറെന്തെങ്കിലും ഉണ്ടോ സ്വപ്നത്തിൽ ഒരേ വിജ്ഞാനം അപ്പൊ ഇത് സ്വപ്നം തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതും അതേ വിജ്ഞാനം തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിന് പ്രയാസമില്ല അവിടെ നിലനിന്നിരുന്ന അതേ വിജ്ഞാനം തന്നെയാണ് ഇപ്പോ നിലനിൽക്കുന്ന ഈ വിജ്ഞാനം അതാണ് സ്വപ്നം തന്നെയെന്ന് പറഞ്ഞത് സ്വപ്നം തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് യോജിക്കാൻ കഴിയാതെ വരുന്ന എന്താണ് സ്വപ്നം തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് സ്വപ്നത്തിൽ കണ്ട പ്രതീതികൾ അത് ഇവിടെ എന്ന് പറയുന്നതെന്നാണ് അതല്ല ഉദ്ദേശിക്കുന്നത് കാരണം സ്വപ്നത്തിൽ കണ്ട ആന നമ്മുടെ മുമ്പിലില്ല കുതിരയുമില്ല സ്വപ്നം തന്നെയെന്ന് പറയുമ്പോൾ സ്വപ്നത്തിന്റെ പ്രതീതിയാണിതെന്നുള്ള അർത്ഥത്തിലുണ്ട് ആ പ്രതീതി മറന്നുകൊണ്ടാണ് നമ്മളിതിനെ സ്വപ്നമെന്നും ജാഗ്രതെന്നും വെവ്വേറെ പേരിട്ട് വിളിക്കുന്ന അതുകൊണ്ട് ഇവിടെ അദ്വൈതത്തിന് സ്വപ്നം തന്നെയെന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ ഉണ്ട അതേ വിജ്ഞാനം തന്നെ ഇവിടെ അതേ വിജ്ഞാനം തന്നെ ഇവിടെയെങ്കിൽ അതിനാണ് അദ്വൈതം എന്ന് പറയുന്നത് അതിനാർക്കും നിഷേധിക്കാൻ പറ്റും അവന് നിഷേധിക്കണെങ്കിൽ ആദ്യം തന്നെ നിഷേധിക്കുന്നു അങ്ങനെ സ്വപ്നം കൊണ്ട് ഞാനല്ല ഇപ്പം ഉണർന്നിരിക്കുന്നതെന്ന് പറയുന്നു അത് കഴിയത്തില്ല വേണമെങ്കിൽ പറയാം എന്താണോ സ്വപ്നം കണ്ട അവനല്ല ഉണർന്നിരിക്കുന്ന ഞാനെന്ന് പറയാൻ കാരണം വേറൊരാള് സ്വപ്നം കണ്ടു ഞാൻ ഉണർന്നിരിക്കുന്നു അല്ല ഒരിക്കലും തന്നെ സംബന്ധിച്ച് ആത്മനിഷ്ഠമായി നിഷേധിക്കാൻ കഴിയുന്നില്ല പോയത് സ്വപ്നം തന്നെ എന്ന് പറഞ്ഞാൽ ഒരേ വിജ്ഞപ്തി സ്വപ്നം പോലെ എന്ന് പറഞ്ഞാലോ അവിടെയുണ്ടായ പ്രതീതികൾക്ക് സമാനമായ പ്രതീതി തന്നെ ഇവിടെയും സംഭവിക്കുന്നത് അതാണ് സ്വപ്നം പോലെ എന്ന് പറയുന്നത് അവിടെയും ആനയും കുതിരയൊക്കെ കാണുന്നു ഇവിടെ വന്നപ്പോഴും ആനയും കുതിരയൊക്കെ കാണുന്നു അത് പ്രതീതിയിലുള്ള സാദൃശ്യത്തെ എടുത്തുകൊണ്ടാണ് പറയുന്നത് സ്വപ്നം തന്നെയാണ് പ്രതീതിയുടെ ബാധയെടുത്തു ബാധയെന്താണ് സ്വപ്നം മാഞ്ഞുപോയി ജാഗ്രത ീ ജാഗ്രത മാഞ്ഞിട്ട് സുഹൃത്തിയിലേക്കോ എവിടേക്കെങ്കിലും പോകുന്നു അപ്പൊ പ്രതീതിയുടെ ബാധ പ്രതീതി മാഞ്ഞു പോകുന്നു അതുകൊണ്ടും പറയാം എന്താണോ ഇത് സ്വപ്നം പോലെയാണോ പക്ഷെ ഇത് സ്വപ്നം തന്നെയെന്ന് പറയുമ്പോൾ അതാണ് അദ്വയം രണ്ടടുത്ത് ഒരേ കഥ ഉപയോഗിച്ചത് അദ്വയഞ്ച ദ്വയാഭാസം സ്വപ്നത്തെ കുറിച്ചും അതേ പറയാനുള്ളു ജാഗ്രതനെ കുറിച്ചും അതേ പറയണോ അദ്വയഞ്ച ദ്വയാഭാസം അദ്വയം എന്താണ് പറഞ്ഞു എന്താണോ ചിത്തം ഒരേ വിജ്ഞാനം അത് തന്നെയാണ് അവിടെയും ഇവിടെ നിലനിൽക്കുന്നത് ഇത് ആചാര്യം നമ്മളെ ബോധിപ്പിച്ചിട്ട് പറയുന്നത് എന്ന സംശയം തനിക്ക് യാതൊരു സംശയവുമില്ല ഇത് കേൾക്കുന്നവനും ഒരു സംശയം വരേണ്ട കാര്യമുണ്ട് ശ്രവിക്കുന്നവനും എങ്ങനെയാണ് സംശയം വരുന്നത് രണ്ടുപോരേ വിജ്ഞാനം എന്ന് പറയുമ്പോൾ രണ്ടടുത്തും ഒരുപോലെയുള്ള പ്രതീതി എന്ന് പറയുമ്പോ സംശയത്തിന് എന്താ ഇടത് അദ്വൈതത്തെ സംബന്ധിച്ച് പൊതുവെ പറയും എന്താണോ കടുകട്ടിയാണ് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതാണ് എല്ലാവരുടെയും പരാതി അതാണ് പക്ഷെ അതേഅദ്വൈതത്തെ കുറിച്ച് തന്നെ ആചാര്യന്മാർ പറയുന്ന അത്യന്തം സരളമാണ് വളരെ സരളമാണ് വളരെ സരളമായോണ്ടാണ് പറയുന്നത് സംശയത്തിൽ യാതൊരു സംശയവും ഇല്ല പകൽ പോലെ സ്പഷ്ടം എന്ന് പറയുന്നു ചതുയാഭാസം എന്ന സംശയ ഇത് ഭാഷകാരൻ വ്യാഖ്യാനിക്കാതെ വിട്ടവന്നാണ് ശ്ലോകവും അറുപത്തിരണ്ട് കാരണം എന്ന് വെച്ചാൽ അത്ര സ്പഷ്ടമായ കാര്യമാണ് എന്തിനു വ്യാഖ്യാനിക്കണമെന്നാണ് സ്വപ്ന സ്വപ്നേദശിതാൻ ിക്ഷു വൈ ദശസുസ്ഥിതാശേജാ വേവാൻ പശ്യതി സ ഇതശ്ചാഗ് ഗോചരസ്യ അഭാവ് ത്വൈതസ്യ ദ്വൈതസ്യാന്നോ അദ്വൈതസ്യാന്നോ രണ്ടു തരത്തിലും പറയാം രണ്ടു തരത്തിലും പാഠമുണ്ട് പറഞ്ഞു നോ ഇത് സർവ ഇന്ദ്രിയങ്ങളുടെയും വിജ്ഞാനമാണ് പ്രകാശിക്കുന്നതെന്നും പറയാം ഒരിന്ദ്രിയങ്ങൾക്കും ഇതിനെ വെളിപ്പെടുത്താൻ വയ്യെന്നും പറയാം രണ്ടു ശരിയാണ് പ്രതിബോധവിദിത്തം എന്ന് പറയുന്നത് ഇതല്ലാതെ മറ്റൊന്നും അറിയുന്നില്ല എന്തിനൂടെ ഏതിലൂടെ എന്തിനെ അറിഞ്ഞാലും ഇതിനെ തന്നെ അറിയുന്നു എന്നെല്ലാം പറയാറുള്ളൂ മറിച്ചും പറയാം ഒന്നുകൊണ്ടോ എന്നെ അറിയുന്നില്ല അങ്ങനെയും പറയാം അദ്വൈതത്തെ രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കുന്നു പറഞ്ഞു എന്താണ് വാക്കിന് ഗോചരീഭൂതമായിരിക്കുന്ന ഈ ദ്വൈതം ഇത് അസത്താണോ ISTINCT vironvie ടയ നതെ ന ന ഴത്യ൅ി ണന വതർ ദ൚ൌ ന ന ന ന ന യന വോ ന്യി തരള ന ാന പർക്ന ന ന ന ചപ്ന ന ന ന ന സറന ന ന ന ന ന ന സക്ന ന ന ന ന ന ന ന ന ന ന � ഇവിടെ ഇപ്പോ ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ മറ്റു പലരുമുണ്ട് എന്റെ മുമ്പിൽ ഒരുപാട് പേരിരിക്കുന്നുണ്ട് ഒരുപാട് ആശയവിനിമയം നടത്തുന്നുണ്ട് ഇവിടെ ഒരു ജീവനല്ല ഞാനൊരു ജീവൻ എന്റെ മുമ്പിൽ അനേക ജീവന്മാർ സ്വപ്നത്തിന് അങ്ങനെയല്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ നമ്മുടെ വ്യത്യാസം നമ്മൾ പറയുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അതിന്റെ താല്പര്യം ഇവിടെ ഇപ്പൊ ഞാൻ കാണുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ലെന്നേ അതേയുള്ളൂ അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെയും എനിക്ക് ദൃശ്യമുണ്ടായിരുന്നു എന്റെ ദൃശ്യത്തിൽ അനേകം പേരുണ്ടായിരുന്നു അവിടെ ഉണ്ടാവും ഇത് തന്നെ അവിടെ ആവർത്തിക്കാം ഇതുപോലെ അവിടെയൊക്കെ സംഭവം അപ്പൊ അവിടെ എങ്ങനെ ഞാൻ ഒറ്റയ്ക്കാവുന്നു ഒറ്റയ്ക്കൊന്ന് പറയാനെന്താ കാരണം ജാഗ്രത അവിടെ ഉണ്ടായിരുന്നവരാരും കൂടാവുന്നില്ല അതാ അങ്ങനെ പറയുന്നത് അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ളവരെല്ലാം അവിടെയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെയും ഒറ്റയ്ക്കാണെന്ന് പറയാൻ കഴിയും ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണോ അവിടെ ഉണ്ടായിരുന്നല്ല മറ്റാൾക്കാരായിരുന്നു അവിടെ നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഒറ്റയ്ക്കാണെന്നല്ല അങ്ങനെയാണെങ്കിൽ അവിടെയും ഒറ്റയ്ക്കായിരുന്നില്ല അവിടെയും ദൃശ്യങ്ങളുണ്ടായിരുന്നു ദ്രഷ്ടാവും ഉണ്ടായിരുന്നു ഒരേ ഒരു വിജ്ഞാനം തന്നെ അവിടെയും ദൃശ്യമായും ദൃഷ്ടാവായും ഇരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരേ ഒരു വിജ്ഞാനം തന്നെ ദൃശ്യമായും ദ്രഷ്ടാവായും ഇരിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് സ്വപ്നാൻ പശ്യതീതി സ്വപ്നതീർ അവിടെ സ്വപ്നം കാണുന്നവരുവർ ഉണ്ടായി ഇവിടെ ഇപ്പോൾ ജാഗ്രത കാണുന്നവരുവരുണ്ട് രണ്ടു ഒരാള് തന്നെയായി അതുകൊണ്ടാണ് അവരത് ഞാൻ കണ്ടു ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു പ്രചരൻ പര്യടൻ സ്വപ്നം സ്വപ്നസ്ഥാനേ ആ സ്വപ്ന നിഷ്ടാവ് ഈ ജാഗ്രത്തിന്തുപോലെ തന്നെ അവിടെയും സഞ്ചരിക്കുന്നു സ്വപ്നസ്ഥാനേ ദക്ഷുപോയി ദശ ഇവിടെ പോലെ അവിടെയും നിക്കും കാലവും കാലം ഇവിടെ ദേശമിന്നെ ഇതെല്ലാം അവിടെയും വർത്തമാനാൻ ജീവൻ നമ്മൾ പറയുന്നു അല്ല കഴിഞ്ഞു പോയെന്ന് എന്റെ സ്വപ്നത്തിൽ നമ്മൾ വർത്തമാന കാലത്താണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ അനുഭവങ്ങളും ഇതുപോലെ ജാഗ്രത ആയിരിക്കും ആ ജാഗ്രത ആയിരിക്കുമ്പോൾ അവിടെ കാലം വന്നു വർത്തമാന കാലം ഇങ്ങനെ ഇതായിപ്പോ ഇതിനെല്ലാം അറിയുന്നു എന്നാ ജാഗ്രതയിലെങ്ങനെയാണോ പറയുന്നത് ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അതിലവിടെയും പറയും ഞാൻ ഇതെല്ലാം അറിയുന്നു അവിടെ വർത്തമാന കാലം കൊണ്ടല്ല ദശദക്കുകൾ അവിടെയുണ്ട് കിഴക്കും പടിഞ്ഞാറും മുകളിലും താഴെയുമെല്ലാം അവിടെയും കാണുന്നുണ്ട് ഇവിടെ പറയുന്നു ചുറ്റും പലരുമുണ്ട് പറയുന്നു അവിടെയുണ്ട് ചുറ്റും പലരുമുണ്ടായിരുന്നു ജീവാൻ പ്രാണിനാപ്രാണികൾ ജീവന്മാര് അണ്ടജാൻ സേതജാൻ ചതുർവിധ യുവനികളിൽ പിറന്ന ആ പ്രാണികളെ സർവത്തെ സദാപശേരി ഇവിടെ ഇങ്ങനെ തുടർച്ചയായി കണ്ടുകൊണ്ടേ അതാണ് അവിടെ ഒരു പോരായ്മ പറയുന്നത് എന്താണ് അവിടെ ആ തുടർച്ചയിൽ ഇവിടെ പറയും തുടർച്ചയാണ് ഇന്നലത്തെ ജാഗ്ര തുടർച്ചയാണ് ഇന്നത്തെ ജാഗ്ര ഇന്നലത്തെ ചർച്ചയുടെ തുടർച്ചയാണ് ഇന്ന് ചെയ്യുന്നത് ഓർക്കുന്നു ഇന്നലത്തെ ചർച്ചയുടെ തുടർച്ചയാണ് നടക്കുന്നത് ഇനി പറയുന്നു സങ്കല്പിക്കുന്നു നാളെ ഇന്ന തുടർച്ച നടക്കും സ്വപ്നത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ അതിന്റെ തുടർച്ച എവിടെയില്ലല്ലോ കൊണ്ട് പറയുന്നു അങ്ങനെയല്ല അവിടെയും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്ന പക്ഷേ വേണ്ട രൂപത്തിൽ നോക്കതിനെ ഓർക്കാൻ കഴിയുന്നില്ല കാരണം അത് വിട്ടുപോയി ഇത് വിട്ടുകഴിഞ്ഞാൽ ഇതിനെയും വേണ്ട രൂപത്തിൽ ഓർക്കാൻ കഴിയത്തില്ല എന്തിനാ ഇതൊന്നും വിട്ടുകഴിഞ്ഞാൽ ഇതിന്റെ കാര്യം കഷ്ടമാണ് ഇതിനെക്കുറിച്ചൊരു ലേശം പോലും ഓർമ്മ വരത്തിൽ സുഷൃതിയിലേക്ക് ചിന്തിക്കുക സുഷൃത്തിയിൽ ഈ ജാഗ്രത എന്തെങ്കിലും ഇത്രയും തുടർച്ചയായി അനുഭവിച്ചുകൊണ്ടിരിക്കും ഇന്നലെ ഇന്ന് നാളെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രത്തിന്റെ യാതൊരു സ്മരണയോടെ ഇത് ജാഗ്രത ആയതുകൊണ്ട് എന്റെ സ്മരണം നിലനിർത്തുന്നൊന്നും പറയാൻ പറ്റില്ല സ്വപ്നത്തിലാണെങ്കിലോ സ്വപ്നത്തിൽ അത് സ്വപ്നമായി അനുഭവപ്പെടുന്നില്ല ജാഗ്രതായി തന്നെ അനുഭവപ്പെടുന്നു ആ ജാഗ്രത അതിന് ജാഗ്രത അനുഭവപ്പെടുന്നത് ജാഗ്രതായി ചിന്തിച്ചാൽ ഒന്ന് നമുക്ക് മനസ്സിലാക്കുമെന്ന് അവിടെയും തുടർച്ചയുണ്ട് എന്തുകൊണ്ട് അവിടെയും ഇന്നലെ ഇന്നും നാളെ ഈ രീതിയിൽ ആ സ്വപ്നം തുടരാം ഇന്നലത്തെ ചർച്ചയുടെ ബാക്കി ഇന്ന് ചർച്ച ചെയ്യാം നാളത്തെ ചർച്ചയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വരാം ഇതെല്ലാം ഈ ജാഗ്രതയിലിരുന്നുകൊണ്ട് പൂർവാപരങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ആ സ്വപ്നവും ഇതുപോലെ അനുഭവ വേളയിൽ ജാഗ്രതയിരിക്കുന്നത് കൊണ്ട് അവിടെയും ഇതെല്ലാം തന്നെ സംഭവിക്കാം ഇന്നലെ ഇന്നും നാളെ നിന്നുള്ള കാലബോധത്തിൽ അവിടെയും ഈ തുടർച്ച സംഭവിക്കാം അത് സംഭവിച്ചിരുന്നു നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഈ തുടർച്ചയും സ്ഥായിത്വം എല്ലാം ഇതുപോലെ തന്നെ സംഭവിച്ചിരുന്നതാണ് പക്ഷെ എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ അനുഭവപ്പെടുന്നില്ല കാരണം ആവശ്യം മാറിപ്പോ ഇപ്പോ ആ ജാഗ്രത പോയി സ്വപ്ന ജാഗ്ര സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആ ജാഗ്രത നഷ്ടപ്പെട്ടു മറ്റൊരു ജാഗ്രതത്തിലേക്ക് പോകും ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് പൂർവ്വ വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനിപ്പോൾ കഴിയുന്നു ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ ഈ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു അത് എന്തുകൊണ്ട് സുസൃതിയില സംഭവിച്ചു ശരി സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത്തിലേക്ക് വന്നപ്പോ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നു എന്നാൽ ഈ ജാഗരത്തിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പോയാൽ ഒന്നും സ്മരിക്കാൻ കഴിയുന്നില്ല ആ സ്വപ്നത്തെക്കാളിത് ദുർബലമല്ലേ ഒരു തരത്തിൽ സ്മരിക്കാനേ കഴിയുന്നില്ല അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്നും മാറി നിന്നും ഈ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്താണ് അത് സ്ഥായിയല്ല സ്ഥിരമല്ല അത് ക്ഷണികമാണ് എന്നല്ല പക്ഷെ ആ അവസ്ഥയിൽ അത് ജാഗ്രതായി തന്നെ അനുഭവപ്പെടുന്നതുകൊണ്ട് അവസ്ഥയിൽ നിന്നും മാറാതിരിക്കുമ്പോൾ എന്താണ് അതും സ്ഥിരമായിരുന്നു പറയുന്നു സദാ അവിടെയും ഭൂതവർത്തമാന ഭാവി അവിടെയും ഇന്നലെ ഇന്ന് നാളെയാണ് ഇന്നലെ എന്റെ തുടർച്ച ഇന്ന് അതിനെ തുടർന്ന് നാളെ എല്ലാം അവിടെയും വാസ്തവത്തിൽ സംഭവിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാം പിന്നെ അത് അവ്യക്തവും ക്ഷണികവുമാകുന്ന എന്തുകൊണ്ട് ആ അവസ്ഥ പാടെ മാറിപ്പോ മറ്റൊരു അവസ്ഥയിലേക്ക് വരുന്നു അതുതന്നെ ഇതിന് സംഭവിക്കും ഈ അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പോയാൽ ഇത് അതിനേക്കാൾ ദുർബലമാണ് സുഹൃത്തിയിലേക്ക് പോയാൽ തന്നെ ഇവിടെ ഒന്നുമില്ല ഇനി തിരിച്ച് സ്വപ്നത്തിലേക്ക് പോകട്ടെ സ്വപ്നം ഇതിനേക്കാൾ കേവമാണെന്നപ്പോ മനസ്സിലാകും എന്തുകൊണ്ടാണ് കുറഞ്ഞ പക്ഷേ എന്തെങ്കിലും സ്മരിക്കാനെങ്കിലും പറ്റും സ്വപ്നത്തിൽ ചെന്നാലോ ഇതിനെക്കുറിച്ച് യാതൊരു സ്മരണയും അപ്പോൾ കൂടുതൽ ദുർബലമായിരിക്കുന്നതാണ് കൂടുതൽ ക്ഷണികമായിരിക്കുന്ന ഏതാണ് ജാഗ്രത ഇത് പ്രബലമായിരുന്നെങ്കിൽ സ്വപ്നത്തിന് തന്നെ നമുക്ക് സ്മരിക്കാൻ കഴിഞ്ഞു അത് കഴിയുന്നില്ല മറിച്ച് അത് സ്വയം ജാഗ്രതായി നിൽക്കുന്നു അതാണ് അതിന്റെ സവിശേഷത അതുകൊണ്ട് പറയുന്നു സദാപശതി അവിടെയും നമ്മൾ ഇതുപോലെ ഭൂതവർത്തമാന ഭാവി കാലങ്ങളെ അനുസ്യൂതമായി സ്ഥിരമായി സ്ഥായിയായി ജാഗ്രതായി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ മാറി വിട്ടുപോയത് കയ്യിൽ നിന്ന് പോയപ്പോ അത് നമുക്കത് അമിയുക്തമായി ക്ഷണികമായി അത് ഇത് കയ്യിൽ നിന്ന് പോയാലും അങ്ങനെ ഇതും അവ്യുക്തമാകും അതിനേക്കാൾ ക്ഷണികമാകും നമ്മുടെ മൂന്നനുഭവങ്ങളെയും താരതമ്യം ചെയ്ത് മനസ്സിലാക്കും ജാഗ്രതയിലിരുന്നു ഇതാണ് ശ്രേഷ്ഠം ഇതാണ് സ്ഥിരം ഇതാണ് സ്ഥായി ആയിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റു രണ്ട് അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കുക മനസിലാവുന്നതാണ് ഇതെല്ലാം സ്ഥായിയാണെങ്കിൽ ഇതെല്ലാം സ്ഥായി അസ്ഥിരവും ക്ഷണികവുമാണെങ്കിൽ ഒരുപോലെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സ്വപ്നത്തെ കൂടെ ഇങ്ങനെ വിശദീകരിക്കുന്നത് സ്വപ്ന സ്വപ്ന അണ്ടജാ സ്വേദീവാൻ പശ്യതി സ എന്താണ് അത് തമ്മിൽ യാതൊരു വ്യത്യാസവും ചിന്തിച്ചു കഴിഞ്ഞാല് ചിന്തിക്കാത്തടത്തോളം ഞാനും വ്യത്യാസം കാരണം രണ്ടിടത്തും ഒരേ ബോധം തന്നെ പ്രവർത്തിക്കുന്നു ഒരേ വിജ്ഞാനം തന്നെ പ്രവർത്തിക്കുന്നു അപ്പൊ ചെല്ലും ചിന്തിക്കും ഭൗതികമായും പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല അനുഭവപ്പെടുന്നുണ്ട് അതായത് സ്വപ്നത്തെ കുറിച്ചോ ജാഗ്രതയെ കുറിച്ചോ അസുഷക്തിയെ കുറിച്ചോ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തലച്ചോറിനെ പഠിക്കുന്നു എന്നിരിക്കട്ടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും മറ്റും പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പഠന ഫലം ഇതുപോലെ ആയിരിക്കില്ല അവർ പറയും തലച്ചോറിൽ പലതരത്തിലുള്ള വൈദ്യുതി പ്രവാഹങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ആ രീതിക്കും അത് അബദ്ധം തന്നെ പറയുന്നു അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളുടെ രീതി അനുസരിച്ച് അത് ശരി തന്നെയാണ് നിഷേധിക്കുന്നു നമ്മൾ തലച്ചോറിനെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വൈദ്യുതി പ്രവാഹവും രാസപ്രവർത്തനങ്ങളും അതുകൊണ്ടുള്ള ഉണർവും വറുപ്പുമെല്ലാം കിട്ടും അത് അബദ്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം അതിനെ ഇതിനെയുള്ള താരതമ്യം ചെയ്തിട്ട് അത് മോശമാണല്ലെങ്കിൽ ഇത് ക്ഷേമമാണ് അവർ വിഡ്ഢികളാണ് ഇത് അറിയുന്ന ഒരു വിദ്വാൻമാരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതിന് അതിന്റേതായ ശരിയുള്ളു കാരണം അതിന്റെ പഠന രീതി അതാണ് ആ പഠനരീതിയിലൂടെ അവരെത്തിച്ചേരുന്ന നിഗമനങ്ങൾ അവരുടെ രീതിക്കനുസരിച്ചുള്ള നിഗമനങ്ങളാണ് ആ പഠനം പുരോഗമിച്ചു കഴിഞ്ഞാൽ അവരുടെ നിഗമനങ്ങളെ കൂടുതൽ ഇടപ്പെടുത്തിയെന്ന് വരും ചിലപ്പോൾ ദുർബലപ്പെടുത്തിയെന്നും വരും അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഇവിടുത്തെ ഈ മനനം എന്നു പറയുന്നത് കേവലം വിജ്ഞാനത്തെ ആശ്രയിച്ചുള്ള മനനമാണ് വിജ്ഞാനത്തെ ആശ്രയിച്ച് വിജ്ഞാനം മനനം ചെയ്യുന്ന മറ്റങ്ങനെയല്ല വിജ്ഞാനത്തിൽ അനുഭവപ്പെടുന്ന ദൃശ്യങ്ങളെ മറ്റ് ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പഠനമാണ് രണ്ടും രണ്ടാണ് അപ്പതിന്റെ ഇതിന്റെയും റിസൾട്ട് ഒന്നായിരിക്കണമെന്ന് നമ്മൾ വായിച്ചു പിടിച്ചിട്ട് കാര്യമില്ല കാരണം ഉപായം രണ്ടാണെങ്കിൽ ഉപേയവും രണ്ടായിരിക്കും എന്റെ ഫലവിലുണ്ടായി അത്തരം പഠനങ്ങൾക്ക് അതിന്റേതായ പ്രയോജനം വരും ഈ പഠനത്തിന് ഇതിന്റേതായ പ്രയോജനമാണ് ഇവിടെ കേവലം വിജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് ഇതിനുവേണ്ടി ഭാഗ്യമായി ഒന്നിനെ ആശ്രയിക്കുന്നത് നമുക്കൊരു ലബോറട്ടറി വേണ്ട തന്നെ അടിച്ചു പൊട്ടിച്ച് നോക്കേണ്ട കാര്യമില്ല കയറി മുറിച്ച് നോക്കേണ്ട കാര്യമില്ല മറ്റൊരു ഉപകരണങ്ങളുടെ ആവശ്യമില്ല ഔഷധങ്ങളുടെ ആവശ്യമില്ല ഒന്നിന്റെ ആവശ്യമില്ല അതിനെല്ലാം ആശ്രയിക്കുമ്പോൾ അതിന്റെ ഫലം വേറെയായി ഇവിടെ കേവലം ആ വിജ്ഞാനത്തെ മാത്രം രണ്ടെന്നുള്ള വ്യത്യാസം ഇതിന്റെ സഹായത്തിന് വേണ്ടി അതിനെ സ്വീകരിച്ചാലും ശരിയാകത്തില്ല ഇത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി നമ്മൾ മറ്റു അതിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല അത് ശരിയാണെന്ന് സമ്മർദ്ദിക്കാൻ വേണ്ടി ഇതിനെ ആശ്രയിച്ചിട്ടും കാര്യമില്ല രണ്ടും രണ്ട് തരത്തിലാണ് പോകുന്നത് ഇവിടെ നമ്മൾ മറ്റെന്തെങ്കിലും ആശ്രയിക്കുന്നുണ്ടല്ലോ കേവലം അനുഭവത്തെ മാത്രം അവിടത്തെ കണ്ടെത്തലുകള അതവസാനം സ്വാനുഭവമായി വരുന്നു ആത്യന്തികമായിട്ട് അതും സ്വാനുഭവമാണ് നിങ്ങൾ തലച്ചോറിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചതെല്ലാം കണ്ടെത്തിയാലും അവസാനം അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതെന്റെ അനുഭവമാണ് എന്നുവെച്ചാൽ ഞാനതിനെ ഇങ്ങനെ മനസ്സിലാക്കി എനിക്കതിങ്ങനെ ബോധ്യപ്പെട്ടു എന്നാ പറയും അവസാനം ഒന്ന് എത്തിച്ചേരുന്നത് ഈ ബോധ്യപ്പെടലിൽ അനുഭവത്തിൽ ആ വസ്തുതയെ സംബന്ധിച്ചുള്ള അപരോക്ഷാനുഭൂതിയിലെന്ന് പറയാം ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ കേവലം ബോധത്തെ ആശ്രയിച്ചുകൊണ്ട് ബോധത്തിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത് മനനം നടക്കുന്നത് അതിന് നിങ്ങൾ പറയുന്ന എന്താണ് അതിന്റെ അനുഭവമാണ് തലച്ചോറിലെ ഇന്ന രാസപ്രവർത്തനത്തെ ഞാൻ കണ്ടെത്തി അതുകൊണ്ട് ഇന്നും സംഭവിക്കുന്നു എന്ന് പറയുന്ന എന്താണ് സ്വാനുഭവമാണ് അതിന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു ഇവിടെയാണ് മനനം ചെയ്യുമ്പോൾ സ്വാനുഭവത്തെ എത്തിച്ചേരുന്നത് എന്താണ് ജാഗ്രത എന്താണ് സ്വപ്നം എന്താണ് സുശക്തി ഇവിടെ എന്താ സംഭവിക്കുന്നത് സ്വാനുഭവത്തിലാണ് അതിന് കേവലമായ സ്വബോധത്തെ മാത്രം ആശ്രയിക്കുന്നു എന്നുള്ളത് ഇവിടെ ബാഹ്യമായ ഒന്നിന്റെ ആവശ്യമില്ല അവിടെ ബാഹ്യമായ മറ്റ് പലതിനെ ആശ്രയിക്കുന്നു ബാഹ്യമായി മറ്റ് പലതിനെ ആശ്രയിച്ചാലും അവിടെ മുഖ്യമായ ഉപായം എന്താണ് സ്വബോധം തന്നെ ബാഹ്യമായി മറ്റു പലതിനെ എന്താശ്രയിക്കുന്നത് സ്വബോധം അതന്വേഷിക്കുന്നവന്റെ ബോധം അവൻ ബാഹ്യമായ പലതിനെ ആശ്രയിക്കുന്നു ഇവിടെയാണെങ്കിലോ അത് ബോധം സ്വന്തം ബോധത്തെ മാത്രം ആശ്രയിക്കുന്നു എന്തുകൊണ്ട് ഇവനിവിടെ അറിയേണ്ടത് സ്വബോധത്തെക്കുറിച്ചാണ് അതിനുള്ള സംശയങ്ങളും ഭ്രാന്തികളുമൊക്കെയാണ് ദൂരീകരിക്കേണ്ടത് അവിടെയും അവസാനമായിട്ട് ബാഹ്യമായി എന്തിനെ ആശ്രയിച്ചാലും അവസാനത്തെ ആശ്രയിച്ച് സ്വബോധം തന്നെ ഭൗതികമായി അന്വേഷിച്ചാലും ആധ്യാത്മികമായി അന്വേഷിച്ചാലും അവൻ സ്വന്ത ബോധത്തെ ത്യന്തികം ആശ്രയിക്കുന്നു മറ്റൊന്നിനെ ആശ്രയിക്കുന്നു അല്ല അതാണ് വ്യത്യാസം അതുകൊണ്ട് ഇവിടുത്തെ ഈ മറ്റേതെങ്കിലും ഇതിനെയൊക്കെ സംബന്ധിച്ച് ജാഗ്രതനെ സംബന്ധിച്ചോ സ്വപ്നത്തെ സംബന്ധിച്ചോ ആധുനികമായ എന്തെങ്കിലും കാഴ്ചപ്പാടുകളോ എന്തെങ്കിലും കണ്ടെത്തലുകളോ ഒക്കെ ഉണ്ട് അതാണോ ശ്രേഷ്ഠം അതെ ഇതാണോ ശ്രേഷ്ഠമെന്ന് നമ്മൾ ആശയക്കുഴപ്പപ്പെടേണ്ട ഇവിടെ ബോധത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ബോധത്തിന്റെ സത്യത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു മറ്റിടത്ത് മറ്റ് പലതിനെ ആശ്രയിച്ചുകൊണ്ട് എന്താണ് ബോധത്തിന്റെ സത്യം എന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് രണ്ടു വഴിക്ക് സഞ്ചരിക്കുന്നു എന്ന് മാത്രം കരുതിയാ ബോധം ജാഗ്രത്തിനെയും സ്വപ്നത്തെയും സുഹൃത്തെയും ഒരുപോലെ വെളിപ്പെടുത്തുന്നു അതുകൊണ്ടിവിടെ ബോധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാഗ്രതനെയും സ്വപ്നത്തെയും സുഹൃത്തിയെയും മുഖ്യമായി ആശ്രയിക്കുന്നു അതുകൊണ്ടാണ് സ്വപ്നത്തെ കുറിച്ച് ഇത്രയും വിശദമായി ചർച്ച ചെയ്യുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ തലച്ചോർണ്ണ തന്നെ പരിശോധിച്ച പോലെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയും പരിശോധിക്കാം പക്ഷേ തലച്ചോർണ്ണം പരിശോധിക്കുന്നതും ബോധം തന്നെയായിരിക്കും മറ്റെന്തെങ്കിലും ഉപായത്തെ സ്വീകരിച്ചെന്തില്ല ആത്യന്തികമായി പരീക്ഷണ ആത്യന്തികമായ പരീക്ഷണശാല നമ്മുടെ ബോധം തന്നെ ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി ബാഹ്യമായ നമ്മളെത്ര എത്ര പരീക്ഷണശാലകളുണ്ടായാലും ശരി അതിന്റെ ആത്യന്തികമായ റിസൾട്ട് കിട്ടുന്നതും നമ്മുടെ ബോധത്തിൽ തന്നെ അതുകൊണ്ടാണ് നമ്മുടെ ഏഷ്യമാരെ ചെയ്തു മറ്റെല്ലാ പരീക്ഷണശാലകളെയും ഉപേക്ഷിച്ചു എന്നിട്ട് സ്വബോധത്തില് തന്നെ പരീക്ഷണശാലയായി അതിൽ തന്നെയാണ് ആത്യന്തികമായ പരീക്ഷണ ഫലം വെളിപ്പെടേണ്ടത് എല്ലായിടത്തും അവിടെ തന്നെയാണ് വെളിപ്പെടുന്നത് അതുകൊണ്ട് ആ രീതിയാണ് ഇവിടെ അതുകൊണ്ട് ഇതിനെ അതിനെയായിട്ട് ദാരിതപ്പെടുത്തൽ അതാണോ ശ്രേഷ്ഠം ഇതാണോ ശ്രേഷ്ഠം എന്ന് വഴക്കടിച്ചിട്ടും കാര്യം ബോധത്തെ തന്നെ പരീക്ഷണശേലയാക്കിയവർ അവർക്ക് കിട്ടിയ ആ പരീക്ഷണ ഫലത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നതാണ് ഈ ശാസ്ത്രം അവരെങ്ങനെയാണ് അവർക്ക് അത് വെളിപ്പെട്ടത് അതിന്റെ ഉപായങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ മനനം എന്ന് പറയുന്നത് അതാണിവിടെ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം വെളിപ്പെടുന്ന അതാണ് അതുകൊണ്ട് ബോധം എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ഒന്നാണ് ജാഗ്രത സ്വപ്നവും സുഷ്ട അതുകൊണ്ട് ജാഗ്രതനെ പോലെയോ അല്ലെങ്കിൽ ജാഗ്രതനെക്കാളും പ്രാധാന്യം കൊടുത്തിട്ട് സ്വപ്നത്തെക്കുറിച്ച് എന്തിക്കുന്നു അല്ലെങ്കിൽ എന്തിനാ ഈ സ്വപ്നത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ എന്നെല്ലാം ചോദിച്ചു അതുകൊണ്ടാണ് സ്വപ്നത്തെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു ഉച്ചതേ സ്വപ്നദൃശിത്വം സ്വപ്നം സ്വപ്നദൃഷ്ടാവിന്റെ ബോധം സ്വപ്നദൃഷ്ടാവിന്റെ ബോധം എന്ന് പറയുന്നത് എന്താണോ ആ സ്വപ്നദൃഷ്ടാവായിരിക്കുന്ന ബോധം അതാണ് സ്വപ്നദൃഷ്ടാവ് സ്വപ്നദിഷ്ടാവിനൊരു ബോധം അങ്ങനെ ഒന്നില്ല രണ്ടില്ല നേരത്തെ പറഞ്ഞല്ലോ അദ്വയഞ്ചയാഭാസം സ്വപ്നദൃഷ്ടാവായിരിക്കുന്ന ബോധം തേന ദൃശ്യസ്മാവപ്നദൃത്താ പൃഥഗ്ന വിദ്യേന സന്ധി പറഞ്ഞല്ലോ ഇവിടെയും കാഴ്ചക്കാരുണ്ട് കാണുന്നവരുണ്ട് അവിടെയും ഉണ്ട് കാഴ്ചക്കാരനും കാണുന്നവര് അവിടെ ആ കണ്ടവനിൽ നിന്നും കാഴ്ചക്കാർ വേറെ ഉണ്ടായില്ല ഇനിപ്പ ബോധ്യം വന്നു വന്നതിന് ശേഷം ആ ഒരു ബോധ്യം ഇതിനെ സംബന്ധിച്ച് വന്നാ മതി എന്താണോ ഇവിടെ കാണുന്നവനും നിന്നും വേറിട്ട് കാഴ്ചക്കാർ ഒരാൾ പറയും എന്താണോ കാണുന്ന താൻ പറയുകയാണോ കാഴ്ചക്കാരനല്ല വേറെയല്ല അങ്ങനെയാണെങ്കിൽ കാണുന്ന എനിക്കും പറയാം വേറിട്ട് കാഴ്ചക്കാരനല്ല അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അവസാനം എല്ലാവരും പറയുന്ന ഒന്നാകും അതാണ് അദ്വയം എന്ന് പറയുന്നത് അതിനെ കുറിച്ചാണ് ഇവിടെ തുടർന്ന് വിശദീകരിക്കുന്നത് ദൃിത്തേ നേ തധ പൃഥക്ൃശ്യമേതം സ്വപ്നദൃക്ചിത്ത